അവർ താങ്കൾക്ക് ചെവി കൊടുക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് കേൾക്കുന്നതെന്നും അവർ രഹസ്യമായി സംസാരിക്കുമ്പോഴും നാം നന്നായി അറിയുന്നു അക്രമികൾ ഇപ്രകാരം പറയുന്ന സമയം മാന്ത്രികവിദ്യയാൽ വശീകരിക്കപ്പെട്ട ഒരു മനുഷ്യനെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത്